ാമം മഹത്വപ്പെടുമാറാകട്ടെ പ്രിയമുള്ളവരെ നമ്മൾ ഒന്ന് കോരിന്തീർ പതിമൂന്നിൻ്റെ പതിമൂന്നാമത്തെ വാക്യം ആ വാക്യത്തിൽ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ സംക്ഷേപിച്ചിരിക്കുന്നു എന്ന് ചില ആഴ്ചകളായിട്ട് ചിന്തിക്കുകയായിരുന്നല്ലോ അതിൽ വിശ്വാസത്തെക്കുറിച്ചും പ്രത്യാശയെക്കുറിച്ചും നമ്മൾ ചില കാര്യങ്ങളെ ചിന്തിച്ചു എന്നാൽ പ്രത്യാശയെക്കുറിച്ച് തന്നെ ഇന്നും ഈ ആഴ്ചയും നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിക്കാത്ത ചില കാര്യങ്ങൾ ദൈവചനത്തിൽ നിന്ന് ചിന്തിക്കാൻ കർത്താവിലെ ശരണപ്പെടുന്നു പ്രത്യാശയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വിശ്വാസം പ്രത്യാശ സ്നേഹം ഇത് മൂന്നും നിലനിൽക്കുന്നു നിലനിൽക്കുന്ന ഈ കാര്യങ്ങളിൽ വിശ്വാസം കഴിഞ്ഞ് അടുത്ത ചൂടായിട്ട് പ്രത്യാശയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് പ്രത്യാശ വിശ്വാസത്തിനുള്ളത് പോലെ ഒരു നിർവചനം എബ്രാഹി പതിനൊന്നിൻ്റെ ഒന്നിൽ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം ആശിക്കുന്നതിൻ്റെ ഉറപ്പ് എന്ന് പറഞ്ഞ് വിശ്വാസത്തിനൊരു നിർവചനം നമ്മൾ കാണുന്നത് പ്രത്യാശയ്ക്ക് അങ്ങനെ പെട്ടെന്ന് നമുക്കൊരു നിർവചന ഓർമ്മ വരികയില്ല എന്നാൽ റോമർ നാലിൻ്റെ പതിനെട്ടിൽ നിന്ന് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുക എന്നത് പ്രത്യാശയ്ക്ക് പ്രത്യേകിച്ച് ക്രിസ്തീയ പ്രത്യാശയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു ഡെഫിനിഷനായിട്ട് ഒരു നിർവചനമായിട്ട് നമ്മൾ കാണുകയും അതിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രത്യാശയെന്ന് പറയുന്നത് ആ പ്രത്യാശ കാണാവുന്ന ഒരു പ്രത്യാശയല്ല കാണുന്ന കാര്യത്തിനായിട്ട് നീ പ്രത്യാശിക്കുന്നത് എന്തിന് എന്നാൽ കാണാത്ത നിത്യതയുമായി ബന്ധപ്പെട്ട ദൈവവചനം ദൈവസ്നേഹത്തിൽ നമുക്ക് ബോധ്യമുള്ള ചില കാര്യങ്ങളിൽ നമ്മൾ പ്രതീക്ഷ വച്ചിരിക്കുന്നു നമ്മുടെ ഹോപ്പ് വെച്ചിരിക്കുന്നു ആ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായ പല കാര്യങ്ങളാണ് പ്രായോഗിക ജീവിത സാഹചര്യങ്ങളിൽ ഇന്ന് ഈ ലോകത്തിൽ നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരു സ്വാഭാവിക മനസ്സോടെ ഈ പ്രത്യാശയെ സമീപിച്ചാൽ വളരെ വേഗം ആ പ്രത്യാശ നഷ്ടപ്പെട്ട് നമ്മൾ ഈ ലോകത്ത് കാണുന്ന കാര്യങ്ങളാണ് ശരി അതിൻ്റെ മുമ്പാകെ ഈ പ്രത്യാശ നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞ് പ്രത്യാശയിൽ നിന്ന് നമ്മൾ വീണു പോകാനായിട്ട് സാധ്യതയുണ്ട് എന്നാൽ ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളും ഈ ലോകത്തിൻ്റെ നമ്മൾ കാണുന്ന പല കാര്യങ്ങളും നമ്മുടെ പ്രത്യാശയ്ക്ക് എതിരെ നിൽക്കുമെങ്കിലും നമ്മുടെ ആശയ്ക്ക് ഹോപ്പിന് വിരോധമായിട്ട് നിൽക്കുമെങ്കിലും നമ്മൾ അവിടെ നിന്ന് അപ്പുറത്തേക്ക് അതിനും അപ്പുറത്തേക്ക് ഒരു ചുവടുകൂടെ ചെന്നിട്ട് ആ വിരോധമായ കാര്യത്തിനും അപ്പുറത്തേക്ക് വിശ്വാസത്തോടെ ചെന്ന് ദൈവവചനത്തിലും കർത്താവിലും ആ ദൈവം നമുക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാൽമാവിൻ്റെ ബോധ്യങ്ങളിലും നമ്മൾ ഉറപ്പുള്ളവരായിട്ട് ആശയ്ക്ക് വിരോധമായി ആശയോടെ നിൽക്കുന്നതാണ് പ്രത്യാശ എന്നാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് എബ്രാഹിം ലേഖനം ആറാം അധ്യായം അതിൻ്റെ പത്തൊൻപത് ഇരുപത് വാക്യങ്ങളിൽ എബ്രാഹിം ലേഖനകാരൻ ആ പ്രത്യാശയെ ആത്മാവിന്റെ ഒരു നങ്കൂരം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു യേശു അവിടേക്ക് മൽക്കീ സദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി പ്രവേശിച്ചിരിക്കുന്നു എംബ്രായർ ആറിൻ്റെ പത്തൊൻപത് ഇരുപതോ വാക്യങ്ങൾ കണ്ടോ ഇവിടെ എംബ്രായ ലേഖനകാരൻ ഈ ക്രിസ്തീയമായ പ്രത്യാശയെ ഒരു നങ്കൂരത്തോട് ചേർത്താണ് പറഞ്ഞിരിക്കുന്നത് കപ്പൽ കപ്പലുകൾക്കാണ് നങ്കൂരമുള്ളത് കപ്പലുകൾ ഒരു തുറമുഖത്തേക്ക് വരുമ്പോൾ ആ കപ്പൽ തുറമുഖത്തിനടുത്ത് ചില ദിവസങ്ങളവിടെ കിടക്കേണ്ടി വന്നാൽ ആ കപ്പൽ എന്തു ചെയ്യും അവിടെ നങ്കൂരമുറപ്പിച്ച് ആ തീരത്തോടടുത്ത് വെള്ളത്തിൽ കടൽ ജലത്തിലാണെങ്കിൽ അവിടെ അങ്ങനെ കിടക്കും അങ്ങനെ കിടക്കാൻ ഈ കപ്പലിനെ സഹായിക്കുന്നത് അതിൻ്റെ നങ്കൂരമാണ് എന്താണ് ഈ നങ്കൂരം കപ്പലിൽ നിന്ന് ഒരു ഇരുമ്പ് ആ നിലയിലുള്ള ഒരു ചെയിന് ഒരു ചങ്ങല താഴേക്ക് ഇടുന്നു താഴെ വെള്ളത്തിന് ഒന്ന് താഴെ താഴെ താഴെ കടലിൻ്റെ അടിത്തട്ടിൽ ഈ ഭാരമുള്ള ചങ്ങലയുടെ അറ്റത്തൊരു കൊളുത്തുണ്ട് ഈ കൊളുത്ത് ഈ ഭാരമുള്ള കൊളുത്ത് ചെന്ന് ഈ കടലിൻ്റെ അടിത്തട്ടിൽ അവിടെ ചെന്നിട്ട് ഇത് കയറി അവിടെ അത് പിടിച്ചിരിക്കുന്നു അങ്ങനെയാണ് അതിൻ്റെ സംവിധാനം ഇതാണ് നങ്കൂരമെന്ന് പറയുന്നത് അപ്പം നമുക്ക് വലിയൊരു കപ്പലിനെ ഈ തീരത്തോടടുപ്പിച്ച് കടൽ ജലത്തിൽ തന്നെ ഇടാൻ സഹായിക്കുന്നത് അതിൻ്റെ നങ്കൂരമാണ് ഈ നങ്കൂരം ഈ കടലിൻ്റെ അടിത്തട്ടിൽ ആ നിലയിൽ ഉറപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും കപ്പൽ കിടക്കുന്നത് വെള്ളത്തിലാണ് വെള്ളത്തിൽ കിടക്കുമ്പോൾ വെള്ളത്തിൽ എപ്പോഴും ഓളങ്ങളുണ്ട് ഓളങ്ങൾ ഉള്ളപ്പോൾ കപ്പൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചായയോ ചരിയോ ഒക്കെ ചെയ്തെന്ന് വരാം എന്നാൽ അത് എന്ത് എന്ത് വരികയില്ല നങ്കൂരം ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് മാറിപ്പോവുകയില്ല തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചും നമ്മൾക്ക് ഇന്ന് നമ്മൾ ഈ ആത്മീയ കാര്യങ്ങളോട് ചേർന്ന് നമ്മളായിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ പ്രത്യാശ ഹോപ്പെന്ന് പറയുന്നത് ഒരു നങ്കൂരം പോലെ നമ്മളെ ഈ കാര്യങ്ങളിൽ നിലനിർത്തുന്ന ഒന്നാണ് അതിൻ്റെ അർത്ഥം ചാഞ്ചല്യങ്ങളില്ലെന്നോ ആ നിലയിലെ സംശയങ്ങൾ വരികയില്ലെന്നോ നൂറ് ശതമാനം ഒരു ഉറപ്പിൽ അങ്ങനെ അങ്ങ് നിൽക്കുമെന്നോ ഒരു കാറ്റോ നമ്മളെ ബാധിക്കുകയില്ലെന്നോ ഒന്നുമല്ല പലപ്പോഴും ചില ചാഞ്ചാട്ടങ്ങൾ ആ കടലിലെ ജലം അങ്ങോട്ടും ഇങ്ങോട്ടും കപ്പലും അങ്ങോട്ടോ ഒന്ന് ചാഞ്ചാടാറുണ്ട് പക്ഷേ കപ്പൽ ഒരിക്കലും മറിഞ്ഞു പോവുകയില്ല കപ്പൽ ഒരിക്കലും അവിടെ നിന്ന് പാറിപ്പോവുകയില്ല എവിടെയാണോ അത് നങ്കൂരം ഇട്ടിരിക്കുന്നത് അവിടെ തന്നെ അത് നിൽക്കും വീണ്ടും അവിടെ നിന്ന് യാത്ര പുറപ്പെടണമെങ്കിൽ കപ്പലിൻ്റെ ഉദ്യോഗസ്ഥരെ ആ നങ്കൂരം കടലിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഊരി ശേഷമാണ് അതിനെ പുറം കടലിലേക്ക് നയിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു കാര്യം പറയാനാണ് വന്നത് നമ്മുടെ പ്രത്യാശയെ ഒരു നങ്കൂരത്തോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നിടത്ത് നമുക്ക് വളരെ കാര്യങ്ങൾ നോക്കാനായിട്ടുണ്ട് അതെന്താ അവിടെ ഇതാ പല വിധത്തിൽ ഈ ലോകത്ത് ഈ ലോകത്തിൻ്റെ വെള്ളങ്ങളിൽ നമ്മൾ അങ്ങനെ ആയിരിക്കുമ്പോൾ ചിലപ്പോൾ ഹൃദയത്തിൽ പല സംശയങ്ങളും വരാം ഇതൊക്കെ ശരിയാണോ ഈ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണോ എന്നാൽ അതുണ്ടെങ്കിലും നമ്മൾ ഇതിൽ നിന്ന് മാറിപ്പോകരുത് നമ്മളിത് പറയുമ്പോൾ സങ്കീർത്തനങ്ങളിലെ പ്രധാനപ്പെട്ട നമുക്ക് പരിചയമുള്ള പ്രത്യാശയോട് ചേർത്ത് പറഞ്ഞിരിക്കുന്ന ചില വാക്യങ്ങളെ നോക്കാം ഇരുപത്തേഴാം സങ്കീർത്തനം അതിൻ്റെ വാക്യം ഇരുപത്തേഴാം സങ്കീർത്തനം പതിനാലാം വാക്യം ദാവി ഒരു സങ്കീർത്തനമാണ് യഹോവയിൽ പ്രത്യാശ വെക്കുക ധൈര്യപ്പെട്ടിരിക്കുക ഹൃദയം ഉറച്ചിരിക്കട്ടെ അതേ യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുക അവിടെ കണ്ടോ യഹോവെയിങ്കൽ പ്രത്യാശ വെക്കുക എന്ന സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ അതിൻ്റെ കാരണം എന്താ ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അവിടെയപ്പോ ഹൃദയം ഉറച്ചിരിക്കാതെ വണ്ണം ധൈര്യം കെടുത്തി കളയുന്നവണ്ണം ഈ ലോകത്തിൻ്റെതായ സംശയങ്ങളുടെയോ ഈ ലോകത്തിൻ്റെതായ കാറ്റും കോളുമോ ഒക്കെ വന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ചാഞ്ചാട്ടം പലപ്പോഴും വന്നെന്നിരിക്കാം പക്ഷെ എന്നാലും എന്ന് പറ്റുന്നില്ല അവിടെ നിന്ന് പൂർണമായിട്ട് മാറിപ്പോകുന്നില്ല പുറംകടലിലേക്ക് ഈ കപ്പൽ പാറിപ്പോകുന്നില്ല നമ്മളെ ദാവിദന്റെ ഒരു സങ്കീർത്തനമാണല്ലോ ദാവിദന്റെ ജീവിതത്തോട് ചേർത്ത് നോക്കുക ദാവിദന്റെ ജീവിതത്തിൽ അവൻ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായിരുന്നു ദൈവത്തിലായിരുന്നു അവൻ്റെ പ്രത്യാശ ദൈവത്തിൽ ആഴത്തിൽ പ്രത്യാശ ഒരുവനായിരുന്നു അവൻ എന്നാൽ പല രംഗങ്ങളിൽ ശത്രുക്കൾ അവൻ്റെ നേരെ വരുമ്പോൾ അവൻ നോക്കുമ്പോൾ അവൻ്റെ ഹൃദയം ഉറച്ചിരിക്കുന്നില്ല അതുകൊണ്ട് അവൻ അവന്റെ ഹൃദയത്തോട് തന്നെ പറയുകയാണ് നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ യഹോവയിൽ പ്രത്യാശ വയ്ക്കുക അവൻ നോക്കുമ്പോൾ അവനിൽ ധൈര്യമില്ല അതുകൊണ്ട് അവൻ തൻ്റെ ഹൃദയത്തോടെ പറയുകയാണ് നീ ധൈര്യപ്പെട്ടിരിക്കുക യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക എന്നിട്ട് അത് ആവർത്തിച്ചു പറയുന്നു അതെ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക ഇരുപത്തി ഏഴാം സങ്കീർത്തനം നമ്മൾ മൊത്തം വായിച്ചു നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയും അവിടെ ദാവീത് പറയുന്നു എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുന്നു രണ്ടാമത്തെ വാക്യത്തിൽ അങ്ങനെയാണ് പറയുന്നത് കണ്ടോ ശത്രുക്കളും വൈരികളും അവൻ്റെ മാംസം തിന്നുവാൻ അടുക്കുന്നു അല്ലെങ്കിൽ എന്താ ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയിരിക്കുന്നു അവന് യുദ്ധം നേരിട്ടിരിക്കുന്നു തീർച്ചയായിട്ടും ഹൃദയത്തിൽ ഉറപ്പിൻ്റെ കുറവൻ കാണുന്നുണ്ട് ധൈര്യത്തിന്റെ കുറവ് കാണുന്നുണ്ട് പക്ഷെ അവൻ തന്നോട് തന്നെ പറയുന്നു യഹോവിൽ പ്രത്യാശ വയ്ക്കുക പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു കാറ്റോ കോളോ കണ്ടാൽ നമ്മൾ പേടിച്ചു പോകരുത് നമ്മളെന്താ നമ്മളൊരു നങ്കൂരമാണ് ഇട്ടിരിക്കുന്നത് നങ്കൂരം കപ്പല് ഈ കടലിന്റെ അടിത്തട്ടിലേക്ക് ആഴ്ത്തി ഇട്ടിട്ടുണ്ടെങ്കിലും അത് ഈ കടലിലെ ജലത്തിൽ തന്നെയാണ് കടലിൻ്റെ ഓളങ്ങള് ഈ കപ്പലിന്റെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചാഞ്ചാട്ടി എന്ന് വരാം നാല്പത്തിരണ്ടാം സങ്കീർത്തനം നാല്പത്തിരണ്ടാം സങ്കീർത്തനത്തിന്റെ അഞ്ചാമത്തെ വാക്യം പതിനൊന്നാമത്തെ വാക്യം നാല്പത്തി മൂന്നാം സങ്കീർത്തനത്തിന്റെ അഞ്ചാം വാക്യം അവിടെയൊക്കെ നമ്മൾ എന്താ കാണുന്നത് എന്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്തിന് ദൈവത്തിൽ പ്രത്യാശ വെക്കുക കണ്ടോ അപ്പൊ ഉള്ളിലൊരു വിഷാദവും ഞരക്കവും ഉണ്ട് ആ ഞരക്കത്തിൻ്റെയും വിഷാദത്തിന്റെയും സമയത്ത് സങ്കീർത്തനക്കാരൻ തൻ്റെ ഹൃദയത്തെ ഉറപ്പിക്കുകയാണ് ദൈവത്തിൽ പ്രത്യാശ വെക്കുക ഈ ചാഞ്ചാട്ടവും ഞരക്കവും വിഷാദവും എവിടെ നിന്ന് വരുന്നു ഈ ലോകത്തിന്റെ ജലത്തിലാണ് ഈ കപ്പല് നങ്കൂരം ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ലോകത്തിന്റെ ഓളങ്ങള് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചാഞ്ചാടിച്ചെന്ന് വരാം പക്ഷേ നങ്കൂരം ദൈവത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് പാറിപ്പോവുകയില്ല രണ്ടു കോരിന്തേ പതിന ഒന്നാമത്തെ ആയോ അതിൻ്റെ ഏഴാമത്തെ വാക്യം അവിടെ പറയുന്നു നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പുള്ളത് നമ്മുടെ ഹോപ്പ് എന്ന് പറയുന്നത് അത് ഉറപ്പുള്ളതാ അത് താഴെ കർത്താവിൽ തന്നെ ആ നമ്മുടെ പ്രത്യാശ ആ നങ്കൂരം ചെന്ന് ഉറച്ചിട്ടുണ്ട് ഒന്ന് ഒന്നത്തെ സ്ലോമനിക്കർ ഒന്നാമത്തെ ആയ മൂന്നാമത്തെ വാക്യവും പ്രത്യാശയുടെ ഉറപ്പിനെക്കുറിച്ചും അതിൻ്റെ സ്ഥിരതയെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ പറഞ്ഞു വന്നത് നമ്മുടെ പ്രത്യാശ അതൊരു നങ്കൂരമാണ് ആത്മാവിൻ്റെ ഒരു നങ്കൂരമാണ് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം ചിലപ്പോഴ് നമ്മുടെ ഹൃദയം വിഷാദിച്ചെന്ന് വരാം ഉള്ളിൽ ഞരക്കം വന്നെന്നിരിക്കാം നമുക്ക് അധൈര്യം വന്നെന്നിരിക്കാം ഹൃദയത്തിൽ ചാഞ്ചാട്ടം വന്നെന്നിരിക്കാം എന്നാൽ ഈ നങ്കൂരം കർത്താവിൽ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പാറി പോവുകയില്ല ഈ ഓളങ്ങളൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ചാഞ്ചാടിച്ചാലും നമുക്ക് സങ്കീർത്തനക്കാരനെ പോലെ പറയാൻ കഴിയും നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ യഹോവയിൽ പ്രത്യാശ അതേ യഹോവയിൽ പ്രത്യാശ അവൻ എൻ്റെ മുഖപ്രകാശലക്ഷ്യം എൻ്റെ ദൈവമാകുന്നു ഞാൻ ഇനിയും അവനെ സ്തുതിക്കും ഈ ദൈവത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കും നമ്മളും ഇന്ന് ഈ ഒരപ്പുള്ളവരായിട്ട് നമ്മൾ നിൽക്കണം നമ്മുടെ പ്രത്യാശ ഉറപ്പുള്ളതാണ് അത് സ്ഥിരതയുള്ളതാണ് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഉറപ്പ് ഇന്ന് രാവിലെ നമുക്ക് ഉണ്ടാകണം ചാഞ്ചാട്ടം കണ്ട് അധൈര്യപ്പെട്ടു പോകല്ലേ ദൈവം കൂടെ ദൈവം നമ്മെ സഹായിക്കും അപ്പേമുള്ളവര് നമ്മുടെ പ്രത്യാശ ഈ കാലഘട്ടത്തിൽ വർധിക്കാനായിട്ട് ദൈവം വച്ചിട്ടുള്ള ഏഴ് കാര്യങ്ങൾ നമുക്ക് വളരെ വേഗത്തിൽ ഒന്ന് നോക്കാം നമ്മൾ റോമർ എഴുതിയ ലേഖനം പതിനഞ്ചാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം വളരെ പ്രശസ്തമായ ഒരു വാക്യമാണ് കഴിഞ്ഞയാഴ്ച നമ്മളതൊന്ന് ആനുഷംഗികമായിട്ടൊന്ന് പരാമർശിച്ചു പോയി ഗോഡ് ഓഫ് ഹോപ്പ് പ്രത്യാശ നൽകുന്ന ദൈവം പ്രത്യാശ എങ്ങനെയാ വർധിക്കുന്നത് നമ്മൾ ദൈവത്തിലേക്ക് കൂടുതൽ കൂടുതൽ ചെന്നുകൊണ്ടാണ് നമ്മുടെ പ്രത്യാശ വർദ്ധിക്കുന്നത് എന്നുവച്ചാൽ നമ്മൾ മനസ്സുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നമ്മൾ ദൈവത്തിലേക്ക് കൂടുതൽ ചെന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമുക്ക് പ്രത്യാശ നൽകുന്ന ദൈവമാണ് സ്നേഹവാനായ ദൈവം കരുണയുള്ള ദൈവം എന്നൊക്കെ പലയിടത്തും ദൈവത്തിന് പേരുകൾ നമ്മൾ കാണുമ്പോൾ ഇതാ റോമർ പതിനഞ്ചിൻ്റെ പതിമൂന്നിൽ വേറെ ദൈവത്തിൻ്റെ ഒരു പേര് നമ്മൾ കാണുന്നു ആ പേരെന്താണ് ഗോഡ് ഓഫ് ഹോപ്പ് പ്രത്യാശ നൽകുന്ന ദൈവം രണ്ടു തെസ്ലോണിക്ക രണ്ടാമധ്യായം പതിനാറാമത്തെ വാക്യം നല്ല പ്രത്യാശയും കൃപയാലേ നൽകിയിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവം എന്നാണ് അവിടെ വായിക്കുന്നത് അപ്പം നമുക്ക് നല്ല പ്രത്യാശ ആരാണ് നൽകിയിരിക്കുന്നത് നമ്മുടെ പിതാവായ ദൈവം അവിടുന്ന് കൃപയാൽ നല്ല പ്രത്യാശ നൽകുന്നവനാണ് അപ്പം നമുക്ക് പ്രത്യാശ വർദ്ധിക്കണമെങ്കിൽ നമ്മൾ ഈ ദൈവത്തിലേക്ക് അടുത്ത് ചെല്ലണം അടുത്ത് ചെല്ലണം ദൈവമാണ് ദൈവത്തിലേക്ക് അടുത്ത് ചെല്ലുന്തോറും പ്രത്യാശ വർദ്ധിക്കും നമ്മൾ എബ്രാഹർ ഏഴിൻ്റെ പത്തൊൻപത് ഇതിൻ്റെ ഒരു മറുവശം പറയുന്നുണ്ട് പ്രത്യാശ മൂലം പ്രത്യാശ മൂലം നമ്മൾ ദൈവത്തോട് അടുക്കുന്നു കണ്ടോ ഇത് പരസ്പര ബന്ധിതമാണ് എന്നു വച്ചാൽ ദൈവം പ്രത്യാശ നൽകുന്നു ആ പ്രത്യാശ വീണ്ടും നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുന്നു എബ്രായർ ഏഴിൻ്റെ പത്തൊൻപത് ഇത് അതിൽ തന്നെ വർദ്ധിച്ചു വരുന്ന ഒരു കാര്യമാണ് ദൈവം നമുക്ക് പ്രത്യാശ നൽകുന്നു നല്ല പ്രത്യാശ കൃപയാലെ നൽകുന്ന നമ്മുടെ പിതാവായ ദൈവം അങ്ങനെ ദൈവം നമുക്ക് പ്രത്യാശ നൽകുമ്പോൾ ആ പ്രത്യാശ നമ്മളെ പിന്നെയും ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കും ഉടനെ ദൈവം നമുക്ക് കൂടുതൽ പ്രത്യാശ നൽകും ആ പ്രത്യാശ നമ്മളെ കൂടുതൽ ദൈവത്തിലേക്ക് അടുപ്പിക്കും റോമർ പതിനഞ്ചിൻ്റെ പതിമൂന്നും എബ്രാഹിർ ഏഴിൻ്റെ പത്തൊൻപതും താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുക നമ്മുടെ പ്രത്യാശ വർദ്ധിക്കും രണ്ടാമത് നമ്മുടെ പ്രത്യാശ വർദ്ധിക്കാനിടയാകുന്ന ഒരു കാര്യം തിരുവെഴുത്തുകളാണ് ദൈവവചനമാണ് റോമർ പതിനഞ്ചിൻ്റെ നാലാമത്തെ വാക്യം നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് എന്നാണ് അവിടെ കാണുന്നത് അപ്പോൾ തിരുവെഴുത്തുകളാൽ നമുക്ക് എന്തുണ്ടാകുന്നു സ്ഥിരതയും ആശ്വാസവും അതിൻ്റെ ഭാഗമായിട്ട് ആത്യന്തികമായിട്ട് പ്രത്യാശയും ഉണ്ടാകും പ്രിയപ്പെട്ട ഒരു ദൈവവചനമാണ് ദൈവവചനമാണ് നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന മറ്റൊരു ഘടകം രണ്ടാമത്തെ ഘടകം അതുകൊണ്ട് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തന വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം വാഗ്ദാനം പ്രോമിസ് ദൈവത്തിൻ്റെ വചനത്തെയും പ്രതീക്ഷയെയും ഹോപ്പിനെയും പ്രത്യാശയെയും ചേർത്ത് പറഞ്ഞിരിക്കുക നൂറ്റി പത്തൊൻപതാം സങ്കീർത്തന എൺപത്തൊന്നാം വാക്യം നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തിൻ്റെ നൂറ്റി പതിനാലാം വാക്യത്തിലും ഞാൻ തിരുവചനത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് കണ്ടോ തിരുവഴുത്ത് നമുക്ക് പ്രത്യാശ വർദ്ധിപ്പിക്കുന്നതാണ് അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു ഞാന് എൻ്റെ പ്രത്യാശ തിരുവചനത്തില് വെക്കുന്നു മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ പ്രത്യാശ മൂലം നമ്മൾ ദൈവത്തോടടുക്കുന്നു ഉടനെ ദൈവം കൂടുതൽ പ്രത്യാശ നൽകുന്നു എന്ന് പറഞ്ഞതുപോലെ തിരുവെഴുത്തുകൾ മൂലം നമുക്ക് പ്രത്യാശ നൽകുന്നു പ്രത്യാശ ലഭിക്കുന്നു ഈ പ്രത്യാശ നമ്മളെ വീണ്ടും തിരുവചനത്തില് പ്രത്യാശ വയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നു നമ്മൾ അപ്പോസ്ലപ്പർവത്തി ഇരുപത്തി ആറിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ അവിടെ അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പില് പൗലോസ് നിൽക്കുമ്പോൾ പൗലോസ് തിരുവെഴുത്തും ദൈവിക വാഗ്ദാനവും പ്രത്യാശയും തമ്മിലുള്ള ബന്ധം അവിടെ ആവർത്തിച്ച് പറയുന്നുണ്ട് അപ്പോസ്തല പ്രവർത്തി ഇരുപത്തിയാറിൻ്റെ ഏഴാമത്തെ വാക്യം അവിടെ പൗലോസ് പറയുന്നത് പന്ത്രണ്ട് ഗോത്രങ്ങളും എന്തു ചെയ്തു എത്തിപ്പിടിക്കാൻ ആ വാഗ്ദത്തം ആ പ്രോമിസ് ആ വചനം ആ ആ വചനത്തിലുള്ള പ്രത്യാശ ഏതുവായിട്ടാണ് ഞാനിപ്പോഴിവിടെ അഗ്നി പരാജാവി അങ്ങയുടെ മുമ്പാല് വിസ്താരത്തിൽ ആയിരിക്കുന്നത് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല അവിടെ ഒരു പ്രയോഗം മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിച്ചത് അവിടെ പൗലോസ് എന്താ പറയുന്നത് ഈ ഈ ദൈവവചനത്തിലുള്ള പ്രത്യാശ വചനവും പ്രത്യാശയും തമ്മിൽ ചേർത്ത് അവിടെ പറഞ്ഞിരിക്കുന്നു ഈ തന്നെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ഈ വചനത്തിൽ പ്രത്യാശയുണ്ട് ആ വചനത്തിലുള്ള പ്രത്യാശയാണ് ഇപ്പോഴീ വിസ്താരമാകട്ടെ അല്ലെ ന്യായാധിപ സംഘം തനിക്ക് തരാൻ പോകുന്ന ശിക്ഷയാകട്ടെ ഇതൊക്കെ സഹായി സഹിപ്പാൻ തന്നെ ശക്തിപ്പെടുത്താൻ പോകുന്നത് ഈ ദൈവ വചനത്തിലുള്ള പ്രത്യാശയാണ് എന്ന് പൗലോസോടെ പറയുക അപ്പൊ കണ്ടോ നമുക്ക് പ്രത്യാശ വർദ്ധിപ്പിക്കാൻ രണ്ടാമത്തെ കാര്യമായിട്ട് നമ്മൾ പറഞ്ഞത് തിരുവഴുത്തുകളാണ് നമ്മൾ റോമർ പതിനഞ്ചിന്റെ പതിമൂന്നില് പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന മൂന്നാമത്തെ ഒരു ഘടകത്തെ കുറിച്ച് പറഞ്ഞു പോയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും റോമർ പതിനഞ്ചിന്റെ പതിമൂന്ന് നേരത്തെ നമ്മൾ വായിച്ചു എന്നാൽ ആ വാക്യം മുഴുവനായിട്ട് വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവനായി അപ്പം നമ്മൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രത്യാശയിൽ ഒരു പ്രോസ്പിരിറ്റി പ്രത്യാശയിൽ ഒരു വർധന അത് എങ്ങനെയാ ലഭിക്കുന്നത് പരിശുദ്ധാത്മാവാണ് നമ്മളെ അതിന് യക്യുപ്പ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞു ദൈവത്തോട് അടുത്ത് ചെല്ലുക തിരുവചനത്തോടടുത്ത് പരിശുദ്ധാത്മാവിനോട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായിട്ട് ആയിരിക്കും പരിശുദ്ധാത്മാവിന് നമ്മളെ ആ നിലയിൽ പ്രത്യാശ നമ്മുടെ പ്രത്യാശയെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന ഘടകമാണ് നാലാമത് നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കാൻ നമ്മുടെ ഭാഗത്തു നിന്ന് തന്നെ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് എബ്രാഹർ പത്തിൻ്റെ ഇരുപത്തി മൂന്നില് പറഞ്ഞു പോകുന്നു നമ്മുടെ പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചോളുക എന്നാണ് അവിടെ പറയുന്നത് പ്രത്യാശയുടെ സ്വീകാരം എന്നാ മലയാളത്തിൽ പറഞ്ഞാൽ നമുക്ക് വേണ്ടത്ര മനസ്സിലാകുകയില്ല കൺഫഷൻ ഓഫ് അവർ ഹോപ്പ് നമ്മുടെ പ്രത്യാശയുടെ ഏറ്റുപറച്ചിൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം നമുക്ക് പ്രത്യാശയുണ്ട് പക്ഷെ ആ പ്രത്യാശ നമ്മൾ ഏറ്റു പറയണം ആ പ്രത്യാശ ഏറ്റു പറയുന്നത് നമുക്കും കൂടുതൽ ഉറപ്പാണ് നമ്മളായിരിക്കുന്ന ആ കാലഘട്ടത്തിൽ നമ്മൾ ഇടപെടുന്ന ആളുകളുടെ മുമ്പാകെ നമ്മുടെ പ്രത്യാശയെ നമ്മൾ മറച്ചു വയ്ക്കരുത് പരസ്യമായിട്ട് നമ്മൾ സാക്ഷികളാകണം നമ്മുടെ പ്രത്യാശയുടെ ഏറ്റുപറച്ചിൽ നമ്മൾ കൈവിടരുത് അതിനെ മുറുകെ പിടിച്ചുകൊള്ളണം പത്രോസ് ഇതേ കാര്യം തന്നെ പറയുന്നുണ്ടല്ലോ ഒന്ന് പത്രോസ് മൂന്നാമധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ പത്രോസ് പറയുന്നു നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പിൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പി അപ്പം കണ്ടോ നമ്മൾ ആളുകൾ കൊണ്ട് നമ്മൾ നമ്മുടെ ആ ഏറ്റുപറച്ചിലുണ്ടാവണം നമ്മളുടെ പ്രത്യാശ എന്താണെന്ന് നമ്മൾ പറയണം പറയുന്നത് നമുക്കും ഉറപ്പാണ് നമ്മുടെ നമ്മൾ എന്തിനു വേണ്ടി നിൽക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് സാക്ഷ്യപ്പെടുത്താനും കഴിയും അത് നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കും പ്രത്യാശയുടെ ഏറ്റുപറച്ചിൽ നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്നതാണ് നമ്മൾ കർത്താവിൻ്റെ സാന്നിധ്യം കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ നേരത്തെ പിതാവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും പറഞ്ഞല്ലോ അവിടെ നമ്മൾ അപ്പോസ്തപ്പുറത്തെ രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ പത്രോസിൻ്റെ ഒരു പ്രസംഗമാണ് ആ പ്രസംഗത്തിൽ ആ പത്രോസ് പതിനാറാം സങ്കീർത്തനത്തിൽ നിന്ന് എടുത്ത് ഉദ്ധരിക്കുന്നു ഞാന് അവിടെ അപ്പോസ് അപ്പുറത്തെ രണ്ടാമധ്യായത്തിലെ പെന്തക്കോസ് നാളിൽ പത്രോസ് ഒരു പക്ഷേ തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും പേരുടെ മുൻഭാഗം നടത്തുന്ന ഒരു പരസ്യപ്രസംഗമാണ് ആ പരസ്യപ്രസംഗത്തിൽ പത്രോസ് പറയുന്നു ഞാൻ കർത്താവിനെ എൻ്റെ യേശുവിനെ എൻ്റെ കർത്താവിനെ ഓ എനിക്കായിട്ട് ജീവൻ തന്ന എൻ്റെ കർത്താവിനെ ഞാൻ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ നാവാനന്ദിച്ച് എൻ്റെ ജഡം പ്രത്യാശയോടെ വസിക്കും കണ്ടോ കർത്താവിൻ്റെ ഒരു സാന്നിധ്യം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ മനസ്സുകൊണ്ട് കർത്താവിനോട് അടുത്തു വരുന്നത് ഒരു ശീലമാകുമെങ്കിൽ അതെന്ത് ചെയ്യും അത് നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കും പത്ര പറയുന്നു ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു എപ്പോഴും ദൈനംദിന ജീവിതത്തിൽ പ്രായോഗികമായ പല കാര്യങ്ങളും ഇടപെടുമ്പോഴും ഞാൻ കർത്താവിനെ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു അതുകൊണ്ട് ഹൃദയത്തിന് സന്തോഷമുണ്ട് ാനന്ദമുണ്ട് എൻ്റെ പ്രത്യാശയില് ഞാൻ വസിക്കുന്നു എൻ്റെ പ്രത്യാശ അതുമൂലം വർദ്ധിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത് പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പ്രത്യാശ നൽകുന്ന ദൈവം അതുപോലെ തന്നെ തിരുവഴുത്തുകൾ നമുക്ക് പ്രത്യാശ നൽകുന്നു പരിശുദ്ധാത്മാവ് നമുക്ക് പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരാക്കി തീർക്കുന്നു നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ അത് നമ്മളെ നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്നു നമ്മുടെ ഏറ്റുപറച്ചിൽ നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ദയെക്കുറിച്ചുള്ള ബോധ്യം സങ്കീർത്തനക്കാരൻ പറയുന്നു മുപ്പത്തിമൂന്നാം സങ്കീർത്തനം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം മുപ്പത്തിമൂന്നാം സങ്കീർത്തനം പതിനെട്ടാമത്തെ വാക്യംയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു അവിടെ യാതൊരു കാര്യം പറയുമ്പോൾ ജയത്തിന് കുതിരമർത്ഥമാണ് പല പ്രയാസത്തിലൂടെ താൻ കടന്നു പോവുകയാണ് അവിടെ ഒക്കെയും കർത്താവിൻ്റെ ദയയിൽ ആശ്രയിച്ചപ്പോൾ തൻ്റെ പ്രത്യാശ വർദ്ധിക്കുന്നതായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നൂറ്റിനാൽപ്പത്തി ഏഴാം സങ്കീർത്തനത്തിന്റെ പതിനൊന്നാമത്തെ വാക്യത്തിലും ഇതേ കാര്യം തന്നെയാണ് അവിടെയും അശ്വബലത്തിൽ അവൻ ഇഷ്ടം തോന്നുന്നില്ല ഏഹ് പുരുഷൻ്റെ പ്രസാദിക്കുന്നില്ല അവൻ്റെ കൈക്കരുത്തിൽ അല്ല പക്ഷെ ദൈവത്തിൻ്റെ പ്രത്യാശിക്കുന്നവരെ ദൈവം എന്തു ചെയ്യുന്നു അവരിൽ ദൈവം പ്രസാദിക്കുകയും അവരെ മുന്നോട്ട് നടത്തുകയും ചെയ്യും എന്ന സങ്കീർത്തനക്കാരൻ അവിടെ പറയുന്നു അപ്പം ദൈവത്തിൻ്റെ ദയയിൽ നമ്മൾ നമ്മുടെ പ്രതീക്ഷ എപ്പോഴും വെക്കണം എത്രയെല്ലാം കാര്യങ്ങൾ അന്ധകാരമയമായി തീർന്നാലും ദൈവത്തിൻ്റെ ദയ നഷ്ടപ്പെട്ടു പോകുന്നതല്ല അതിനവസാനമില്ല എന്നുള്ള നിലയിൽ ദൈവത്തിൻ്റെ ദയയിൽ നമ്മൾ നിരന്തരം ആശ്രയിച്ചാൽ അത് നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കും ഏഴാമതായിട്ട് നമ്മളെ ബൈബിളിലെ പല ഭാഗങ്ങൾ എടുത്തു നോക്കുമ്പോ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് അപ്പോ ചിലപ്പോഴത്തെ ഇരുപത്തി മൂന്നിന്റെ ആറാമത്തെ വാക്യം ഏർ മരിച്ചവരുടെ പ്രത്യാശ പുനരുദ്ധാനം ഇവയെ കുറിച്ചാണ് ഞാൻ വിസ്താരത്തിലായിരിക്കുന്നതെന്ന് പൗലോസ് പറയുന്നു ഒന്ന് തെസ്ലോനിക്കർ നാലിൻ്റെ പതിമൂന്ന് മുതൽ പതിനെട്ടോ വരെയുള്ള വാക്യങ്ങൾ പ്രത്യാശയെക്കുറിച്ച് പറഞ്ഞിട്ട് കർത്താവിന്റെ രണ്ടാം വരവിനെ പറഞ്ഞിരിക്കുന്നു തീത്തോസ് രണ്ടിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിൽ കർത്താവ് തേജസ്സിൽ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശയായിട്ട് പറഞ്ഞിരിക്കുന്നു ഒന്ന് പത്ര ദിവസം ഒന്നിൻ്റെ മൂന്ന് നാലോ വാക്യങ്ങളിൽ ക്രിസ്തുവിന്റെ പുനരുത്ഥാനം ഏഹ് നമ്മുടെ ജീവന്റെ പ്രത്യാശക്കാണ് ആദ്യകാലത്തിൽ കർത്താവിൻ്റെ വെളിപ്പാട് നമുക്ക് നമുക്ക് വാട്ടവും ഒന്നുമില്ലാത്ത നമുക്ക് ആ നിലയിലുള്ള പ്രതിഫലം കർത്താവ് ഒരുക്കിയിരിക്കുന്നു ഇതിനോടൊക്കെ ചേർത്ത് പറയുന്നിടത്തെല്ലാ പ്രത്യാശയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ വളരെ വേഗത്തിൽ ആ ഏഴാമത്തെ കാര്യം ഇങ്ങനെ പറയാം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ അതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയും അതിനെക്കുറിച്ച് നമ്മളെ ചിന്തിക്കുകയും അതിൽ ചെയ്യുമ്പോൾ നമ്മുടെ പ്രത്യാശ വർദ്ധിക്കും നമ്മൾ പല കാര്യങ്ങളാണ് വേഗത്തിൽ പറഞ്ഞത് നമ്മൾ ഇന്ന് ആയിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് പ്രത്യാശ വർദ്ധിക്കണം അതിനെന്താ ഏഴു കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് പ്രത്യാശ വർദ്ധിപ്പിക്കാൻ പ്രത്യാശ നൽകുന്ന ദൈവത്തിൻ്റെ അടുത്തേക്ക് തന്നെ ചെല്ലുക നമുക്ക് തിരുവഴുത്തുകളുടെ അടുത്തേക്ക് ചെല്ലുക ആ കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് ചെല്ലുക പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുക പ്രത്യാശയുടെ ഏറ്റുപറച്ചിൽ ഉള്ളവരായിട്ടായിരിക്കുക അതുപോലെ തന്നെ നമ്മൾ കണ്ടത് കർത്താവിൻ്റെ ദയയില് നമ്മള് എപ്പോഴും നമ്മുടെ ആശ്രയം വെക്കണം അത് നഷ്ടപ്പെട്ടു പോകരുത് ഏഴാമതായിട്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവും ഓ നമുക്കായിട്ട് ഭാവിയിലെ വച്ചിരിക്കുന്ന ആ ഭാഗ്യകരമായ പ്രത്യാശയെക്കുറിച്ചുള്ള ധ്യാനവും അതെല്ലാം നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കടന്നു ഈ കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മുടെ പ്രത്യാശ ചോർത്തി കളയുകയും അത് കുറഞ്ഞു കുറഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു സമയത്ത് നമ്മൾ പ്രത്യാശ വർദ്ധിപ്പിക്കാനായിട്ട് ഉള്ളവരായിരിക്കണം അതിനായിട്ട് നമുക്കൊരുങ്ങാം നമ്മൾ ഈ പറഞ്ഞ ഏഴുകൂട്ടം കാര്യങ്ങൾ അതിന് അതിൽ നമ്മൾ താല്പര്യപ്പെട്ട് അതിൽ ശ്രദ്ധിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രത്യാശ വർദ്ധിപ്പിക്കാൻ ദൈവത്തിൽ ആശ്രയിക്കുക കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് നിരന്തരം ചെല്ലുക പരിശുദ്ധാത്മാവിൻ്റെ അടുത്തേക്ക് ചെല്ലുക ഓ അതുപോലെ തന്നെ തിരുവചനത്തിൽ പ്രത്യാശ വയ്ക്കുക പ്രത്യാശയുടെ ഏറ്റുപറച്ചിലുള്ളവരായിരിക്കുക ദൈവത്തിൻ്റെ ദയല് പ്രത്യാശ വയ്ക്കുന്നവരായിരിക്കുക അതുപോലെ തന്നെ നമ്മളെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള ബോധ്യത്തോടെ അതിനെ ധ്യാനിക്കുന്നവരായിരിക്കുക ഇതൊക്കെയും ഈ കാലഘട്ടത്തിൽ കോവിഡും പ്രയാസങ്ങളും മഹാമാരിയൊക്കെ വരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളെ മുന്നോട്ട് നടത്താനായിട്ട് സഹായിക്കും ആശയ്ക്ക് വിരോധമായിട്ട് പ്രത്യാശയ്ക്ക് വിരോധമായിട്ട് പ്രായോഗികമായ പല കാര്യങ്ങൾ അതിന് നമ്മളെ മുന്നോട്ട് നടത്താതെ നമ്മുടെ നമ്മളെ നിരാശയിലേക്ക് തള്ളിവിടത്തക്കവണ്ണം സാഹചര്യങ്ങളായിരിക്കുമ്പോഴും നമ്മൾ നിരാശപ്പെട്ടു പോകാതെ ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ച് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു നമ്മൾ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രത്യാശ നമ്മൾ ദിനംതോറും വർദ്ധിപ്പിക്കുന്നവരായിരിക്കണം പ്രത്യാശ ക്രിസ്തീയ പ്രത്യാശയുടെ വിവിധ വശങ്ങൾ നമ്മൾ ചിന്തിച്ചു വളരെ വേഗത്തിൽ നാല് വാക്യങ്ങളുടെ വളരെ വേഗത്തിൽ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം പ്രിയപ്പെട്ടവർ ഈ പ്രത്യാശ എവിടെ വരെയാണ് നമ്മളെ പ്രായർക്കെഴുതിയ ലേഖനം ആറാമത്തെ ആയത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളണം അത് ജീവിതത്തിൻ്റെ അവസാനം വരെ ഈ പ്രത്യാശ നഷ്ടപ്പെടാതെ നമ്മൾ സൂക്ഷിക്കണം അൺ ലാസ്റ്റ് അവസാനം വരെ അവസാന ശ്വാസം വരെ ഈ പ്രത്യാശ ഉള്ളവരായിട്ട് നമ്മളായിരിക്കണം അതിനെക്കുറിച്ച് എബ്രാഹി ലഹനകാരൻ ആറാമധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ നമ്മൾ പിടിച്ചുകൊള്ളണം അതിൻ്റെ അകത്ത് ബോധപൂർവമായ ഒരു ശ്രമം നമുക്ക് വേണം എബ്രാഹർ മൂന്നിൻ്റെ ആറിൽ പറയുന്നു പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും അവസാനത്തോളം മുറുക പിടിച്ചുകൊള്ളണം കണ്ടോ അവസാനത്തോളം മുറുക പിടിച്ചുകൊള്ളണം എബ്രാഹർ ആറിൻ്റെ പതിനൊന്നിൽ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണം കണ്ടോ നമ്മൾ പ്രായ ലേഖനത്തിൽ നിന്ന് മൂന്ന് വാക്യങ്ങൾ ആറിന്റെ പതിനെട്ട് മൂന്നിന്റെ ആറ് ആറിന്റെ പതിനൊന്ന് അവിടെയൊക്കെയും പറയുന്നത് അവസാനത്തോളം നമുക്ക് കിട്ടിയിട്ടുള്ള ഈ പ്രത്യാശ പിടിച്ചുകൊള്ളണം മുറുകെ പിടിക്കണം ആ പിടിക്കാന് മുറുക പിടിക്കാൻ ഉത്സാഹം കാണിക്കണമെന്നാണ് ഒന്നിയോഹൻ ഞാൻ മൂന്നിന്റെ മൂന്നിലും നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു വാക്യവും ഇതിനോട് ചേർത്ത് നമുക്ക് ചിന്തിക്കാം കർത്താവിൽ ഈ പ്രത്യാശയുള്ളവൻ അവൻ എന്തു ചെയ്യണം അവസാനം വരെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഏ കർത്താവ് നിർമ്മലിനായിരിക്കുന്ന പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കണം കണ്ടോ നമ്മളപ്പം പറഞ്ഞത് നാല് വാക്യങ്ങളാണ് അവസാനം വരെ നമ്മൾ നോക്കേണ്ടത് ഒന്നെന്ന് പറയുന്നത് നമ്മളെന്താ പറഞ്ഞത് നമ്മൾ ദൈവത്തി നമ്മുടെ മുമ്പിലുള്ള ആ പ്രത്യാശ പിടിച്ചുകൊള്ളാനായിട്ട് ആയിരിക്കണം ബ്രായർ ആറിൻ്റെ മൂന്നിന്റെ ആറിൽ പറഞ്ഞു പ്രത്യാശിയുടെ ധൈര്യവും പ്രശംസയും അവസാനം വരെ മുറുക പിടിച്ചുകൊള്ളണം എബ്രായർ ആറിന്റെ പതിനൊന്നിൽ പ്രത്യാശിയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണം ഒന്നിയോഹൻ ഞാൻ മൂന്നിന്റെ മൂന്ന് അവിടെ എന്താ പറയുന്നത് മൂന്നിന്റെ രണ്ട് പറയുന്നത് നമ്മൾ ഒരു ദിവസം കർത്താവിനെ പോലെ ആകും അവനോട് സദൃശ്യന്മാരാകും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഈ പ്രത്യാശ നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം നമ്മളെ തന്നെ നിർമ്മലീകരിക്കണം അതെവിടെ വരെ അവസാനത്തോളം ഓ കുറച്ച് നാൾ കഴിഞ്ഞു ആദ്യത്തെ ക്രിസ്ത്യൻ ജീവിതത്തിൽ ഒരു അഞ്ചു വർഷം നമ്മൾ നമ്മളെ തന്നെ ദിനംതോറും കർത്താവിൻ്റെ രക്തത്താൽ കഴുകാനും കർത്താവ് തരുന്ന വെളിച്ചത്തിൽ നമ്മുടെ തെറ്റുകളെ കണ്ടെത്തി കാര്യങ്ങൾ ക്രമീകരിക്കാനും അങ്ങനെ നമ്മളെ തന്നെ നിർമ്മലീകരിക്കാനും നമ്മൾ ആദ്യത്തെ ഒരു അഞ്ചു വർഷമോ പത്ത് വർഷമോ പോരാ മറിച്ച് എന്താ ഈ പ്രത്യാശ ഉള്ളവനെല്ലാം അവൻ നിർമ്മലിനായിരിക്കുന്നത് കണ്ടോ അപ്പൊ ഈ കാര്യത്തിന് മാതൃക കർത്താവാണ് ആ കർത്താവിനെ മാതൃകയാക്കി നമ്മുടെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ നമ്മളെ തന്നെ നിർമ്മലീകരിക്കണം കാരണം നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് കർത്താവിനെ പോലെ നൂറ് ശതമാനം കഴിയേയില്ല നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവനില് ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കണം എവിടെ വരെ ജീവിതത്തിൻ്റെ അവസാനം വരെ പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രത്യാശയെ കുറിച്ച് പല കാര്യങ്ങൾ ചിന്തിക്കുകയായിരുന്നു നമ്മൾ പറഞ്ഞു പ്രത്യാശ ആത്മാവിന്റെ ഒരു നങ്കൂരമാണെന്ന് പറഞ്ഞു ആത്മാവിന്റെ നങ്കൂരം എന്ന് പറഞ്ഞിട്ട് ഒരു കപ്പല് ആ വെള്ളത്തില് നങ്കൂരമിട്ട് കിടക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു അങ്ങനെ കപ്പല നങ്കൂരം ഇട്ട് കിടക്കുമ്പോഴും അതിന് ചാഞ്ചാട്ടമുണ്ട് നമ്മളെ സങ്കീർത്തനങ്ങളിൽ നിന്ന് ഇരുപത്തി ഏഴാം സങ്കീർത്തനത്തിൽ നിന്നും നാൽപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിൽ നിന്നും ഒക്കെ നമ്മൾ പറഞ്ഞു അവിടെയൊക്കെ എന്താ പറയുന്നത് ദൈവത്തിൽ പ്രത്യാശ വെക്കുക പ്രത്യാശ പ്രത്യാശ വെക്കുക ധൈര്യപ്പെടുക എന്തുകൊണ്ടാണ് അവിടെ സങ്കീർത്തനക്കാരൻ തന്നോട് തന്നെ പ്രത്യാശ വെക്കാൻ പറയുന്നത് അവിടെ ചാഞ്ചാട്ടങ്ങൾ കാണുകയാണ് ഹൃദയത്തിലെ ധൈര്യക്കുറവ് കാണുകയാണ് ഉള്ളിൽ വിഷാദവും ഞരക്കവും കാണുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവര് നമുക്ക് ഇതിനെ കുറിച്ചൊരു വ്യക്തത ഉണ്ടാകാൻ വേണ്ടി നമ്മുടെ ഹൃദയത്തിൽ ചില ദിവസങ്ങളിൽ ഒരു ഞരക്കമോ ഒരു വിഷാദമോ എല്ലാം പോയി എന്ന് കരുതരുതേ അതിന് മുമ്പാകെ നമ്മൾ എന്ത് വേണം ഈ സങ്കീർത്തനക്കാരെ പോലെ നമ്മൾ പ്രത്യാശ ദൈവമേ ദൈവത്തിൽ ഞാൻ വീണ്ടും പ്രത്യാശ വെക്കുന്നു എന്ന് പറഞ്ഞ് ആ ചാഞ്ചാട്ടങ്ങളെ കാണുമ്പോൾ നമ്മൾ ആ പ്രത്യാശയുടെ നങ്കൂരമാണ് ഇട്ടിരിക്കുന്നത് ഈ വെള്ളത്തിൽ കിടക്കുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചാഞ്ചാട്ടം ഉണ്ടെന്നേ ഉള്ളൂ ആ ചാഞ്ചാട്ടം നമ്മൾ കണക്കാക്കണ്ട എല്ലാം നഷ്ടമായി പോയിട്ടില്ല എന്നുള്ള ഉറപ്പോടെ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരായിരിക്കണം ഇതാണ് നമ്മൾ തുടക്കത്തിലെ ഇന്ന് പറഞ്ഞത് അതുപോലെ തന്നെ നമ്മൾ മുന്നോട്ട് പറഞ്ഞ് വന്നത് നമുക്ക് പ്രത്യാശ വർദ്ധിപ്പിക്കാനുള്ള ഏഴ് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു എന്നിട്ട് നമ്മൾ പറഞ്ഞു ഈ പ്രത്യാശ അവസാന കാലം വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞു നമ്മളിവിടെ ഈ പ്രത്യാശയെ നമ്മൾ അനുഭവിക്കുന്നത് എങ്ങനെയാണ് റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ അഞ്ചാമധ്യായം ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഈ പ്രത്യാശയെ അനുഭവിക്കുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് അതുകൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ അഞ്ചാം അധ്യായത്തിന്റെ ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ അവിടെ കാണുന്നു എന്താ വളരെ വേഗത്തിൽ നമ്മൾ വായിച്ചാൽ കഷ്ടത സഹിഷ്ണതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ പ്രിയപ്പെട്ടവരെ കണ്ടോ എങ്ങനെയാണ് ഈ പ്രത്യാശ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മൾ അനുഭവിക്കുന്നത് എങ്ങനെയാണ് നമുക്കെങ്ങനെയാണ് അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമായി തീരുന്നത് അത് കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയേയും സിദ്ധത എന്ന് വെച്ചാൽ ക്യാരക്ടറാണ് പ്രൂവൺ ക്യാരക്ടറാണ് അത് പ്രത്യാശയെ ഉളവാക്കുന്നു നമ്മൾ പറഞ്ഞു ആശയ്ക്ക് വിരോധമായി പല കാര്യങ്ങൾ വരും ആ വരുന്നത് നമുക്ക് കഷ്ടമായിട്ട് തോന്നും ഇത് ഭൗതികമായ ഏതെങ്കിലും ഒരു കഷ്ടതയല്ല മര മറിച്ച് വിശ്വാസ ബന്ധപ്പെട്ട് ഭൗതികമായ കഷ്ടതകളും വരാം അതുപോലെ വിശ്വാസത്തിൻ്റെ ചാഞ്ചാട്ടങ്ങളും ആശയ്ക്ക് വിരോധമായ പല കാര്യങ്ങളും വരാം ആ കഷ്ടത വരുമ്പോൾ അത് നമുക്ക് പ്രത്യാശ അനുഭവവേദ്യമാക്കാൻ വേണ്ടി ദൈവം വച്ചിരിക്കുന്ന ഒരു വഴിയാണ് ഈ കഷ്ടത എന്ന് നമ്മൾ മനസ്സിലാക്കണം കഷ്ടത എന്തു ചെയ്യും കഷ്ടത സഹിഷ്ണുതയെ ഉള്ളവാക്കും സഹിഷ്ണുത എന്തു ചെയ്യും സിദ്ധതയെ പ്രൂവൺ ക്യാരക്ടർ ദൈവത്തിൽ തന്നെ വിടാതെ പിടിച്ചു നിൽക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മളെ നയിക്കും ആ സ്വഭാവം എന്തു പ്രത്യാശയെ നമുക്ക് അനുഭവവേദ്യമാക്കി തീർക്കും ഇത് മനസ്സിലാക്കി നമ്മൾ എന്തു ചെയ്യും പ്രശംസിക്കും എന്നിട്ട് അതിനോട് ചേർത്ത് പറയുക ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള വലിയ ഉറപ്പിലാണ് നമുക്കിതെല്ലാം ചെയ്യാനായിട്ട് നോക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് കടന്നു പോകുന്ന സാഹചര്യത്തോട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് കടന്നു പോകുന്ന ഈ മഹാമാരിയോട് ബന്ധപ്പെട്ട് പല കഷ്ടതകളും ചിന്താകുലങ്ങളും ആശങ്കകളും ഒക്കെയും കടന്നു വരുന്നുണ്ട് പക്ഷേ ഈ കഷ്ടത നമുക്ക് സഹിഷ്ണുതയുള്ളവരാക്കി തീർക്കണം ഈ സഹിഷ്ണുത നമുക്കൊരു സിദ്ധത തരണം ഈ സിദ്ധത നമുക്ക് പ്രത്യാശ കൂടുതൽ തീർക്കണം കാരണമെന്താ കർത്താവ് സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു ദൈവ സ്നേഹവാനായ ദൈവം നമ്മോടൊപ്പം ഉണ്ട് ആ കർത്താവിൽ സ്നേഹത്തിൽ ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ കഷ്ടതയെ ഓ നമ്മൾ കാണുക അതിനെ അതിനെ അത് കണ്ട് നമ്മളെ ഉപേക്ഷിച്ചു പോവുകയല്ല മറിച്ച് ആ കഷ്ടത നമ്മളെ സഹിഷ്ണുതയിലേക്കും സഹിഷ്ണുത സിദ്ധതയിലേക്കും സിദ്ധത പ്രത്യാശയെ അനുഭവവേദ്യമാക്കുന്ന ആ ഹോപ്പിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു തലത്തിലേക്കും നമ്മളെ നടത്തട്ടെ അങ്ങനെ വരുമ്പം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നവരായിരിക്കാൻ നമുക്ക് കഴിയും ഈ കാലഘട്ടത്തിൽ അങ്ങനെ കർത്താവിനെ കൂടുതൽ അറിയുന്നവരായിട്ട് കർത്താവിൽ വലിയ ഉറപ്പും ധൈര്യവും പ്രത്യാശയും ഉള്ളവരായിട്ട് നമുക്ക് നിൽക്കാം നമ്മുടെ കർത്താവ് നമ്മോടൊപ്പം നമ്മളെ കൈവിടുകയില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അതെ നമ്മുടെ ഹൃദയം വച്ചിരിക്കും